അറിഞ്ഞോ അറിയാതെയോ പോലും തെറ്റെയ്യാത്തവർ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല ചില ദുർലഭ ദുർബല നിമിഷങ്ങളിലൊക്കെ അറിയാതെ നമ്മുടെ മനസ്സ് എവിടെങ്കിലും ഒരു ദ്രോഹ ചിന്തൊക്കെ ചിന്തിച്ചു പോവും അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ദൗർബല്യമാണ് അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോൾ മുന്നിൽ ഒരാൾ കയറി വന്നാൽ ഗുരുവായപ്പ നല്ല വിളിക്കുക ഈ ശല്യം ഇവിടെ നിന്ന് കയറി വന്നതെന്ന് മനസ്സറിയാതെ അങ്ങനെ പറഞ്ഞു പോവാ മനസ്സിൻ്റെ ഒരു കുഴപ്പമാണത് അപ്പൊ അറിയാതെയോ എങ്ങനെയോ നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ നടന്നു പോകുമ്പോ എത്രയോ എറുമ്പുകളെ കൊന്നിട്ടുണ്ടാവാം വീട്ടിൽ നിന്ന് എത്രയോ കൊതുകളെ കൊന്നിട്ടുണ്ടാവാം എങ്ങനെയെങ്കിലും മനുഷ്യൻ അറിയാതെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ എന്താ മാർഗം പറഞ്ഞു പ്രായച്ചിത്തമതോ പാത്രം പ്രായച്ചിത്തമാണ് ഒരു തെറ്റ് ചെയ്യുമ്പോ മനസ്സിലൊരു കുറ്റഹോധം തോന്നിയാൽ തന്നെ ആ പാപത്തിൽ നിന്ന് മനുഷ്യൻ കുറെ മുക്തനാവുന്നതാണ് പക്ഷെ ആ തെറ്റ് ആവർത്തിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ആൾക്ക് നാണുണ്ടാവില്ല ചെയ്തുകൊണ്ടിരിക്കും ആദ്യം മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അയ്യോ എന്തിനാ ഞാനിങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നും രണ്ടാമത് അതേ തെറ്റ് തോന്നും ഈശ്വര ഞാൻ വീണ്ടും തെറ്റാണല്ലോ ചെയ്യുന്നത് മൂന്നും നാലുമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതുതന്നെ അയാൾക്കൊരിതായി മാറുന്നവരെയാണ് പിന്നെ സ്വഭാവമായി മാറും പിന്നെ ഈ കുറ്റബോധം ഉണ്ടാവില്ല അപ്പൊ പ്രായച്ചിത്തമാണ് അതിനുള്ള എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ പരീക്ഷിത് രാജാവ് ശ്രീശുഖ ബ്രഹ്മർഷിയോട് ഈ പ്രായച്ചിത്തം കൊണ്ട് പാപങ്ങൾ തീരുമെങ്കിൽ ഈ ലോകം ഇങ്ങനെയായിരിക്കില്ല എത്രയോ നേരെ നേരിയവും ഈ പ്രായച്ചിത്തം എന്നൊക്കെ പറയുന്നത് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രായച്ചിത്ത മതോ പാത്തം മഞ്ഞെ കുഞ്ചര ശൗച ഏതുപോലെയാണ് ആനയെ കുളിപ്പിക്കുന്നത് പോലെ കുഞ്ചര ശൗചം കുഞ്ചര ശൗചം ആനയെ കുളിപ്പിക്കുക എന്താണ് ആനയെ കുളിപ്പിക്കുക പറഞ്ഞാൽ എല്ലാ ശ്രദ്ധയും അല്ലെങ്കിൽ സമയമൊക്കെ എടുത്തിട്ട് പാപ്പാൻ ആനയെ കുളിപ്പിച്ച് ഒരു ഭാഗത്ത് കിട്ടി പാപ്പാനൊരു ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയാൽ അപ്പോൾ തന്നെ ആന വീണ്ടും മണ്ണെടുത്തിട്ട് തൻ്റെ പുറത്തേക്ക് ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ എത്രയൊക്കെ പ്രായച്ചിത്തം ചെയ്താലും അറിയാതെ നമ്മുടെ മനസ്സ് വീണ്ടും ദ്രോഹചിന്ത ചിന്തിച്ചു പോവും അപ്പൊ മാർഗം തീരെ പാപങ്ങളില്ലാതിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രണ്ട് ചിന്തകൾ പറയാണ് പരീക്ഷിത് രാജാവേ ഒന്ന് ഈ പ്രായച്ചിത്തങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിനെ കുറേയൊക്കെ അതിൽ നിന്ന് ഉയർത്താനാണ് വാസ്തവത്തിൽ പ്രായച്ചിത്തം കൊണ്ടൊന്നും പാപം തീരില്ല ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ ഭാഗവതത്തിൽ തന്നെ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അവസാനം കാണാം ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൻ്റെ അവസാനം കാണാം ഈ അധ്യായം വായിച്ചാൽ ഇതിനിന്നതാണ് ഫലം ആരാണോ നാരായണ കവചം ഡെയിലി വായിക്കുന്നത് അവർക്ക് ഭയത്തിൽ നിന്ന് മുക്തി കേടാം ആരാണോ പാണ്ഡവന്മാരുടെ യാത്ര വായിക്കുന്നത് അവർക്ക് ഭക്തി ഉണ്ടാവും ആരാണോ ഭഗവാന്റെ എന്താണതിന് പറയാം എന്ത് മണിയാണ് സത് സത്രാജ്യത്തിന്റെ സമന്ദകമണി ഉദ്ഖ്യാനം വായിക്കുന്നത് അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ അപമാനം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്തുതി അല്ലെങ്കിൽ ഫലസ്തുതി നിങ്ങൾക്ക് കാണാം െന്തിനാ പറയുന്നത് ഇത് പറയുമ്പോഴാണ് ആളുകൾക്ക് അങ്ങനെയെങ്കിലും എന്നാൽ അവർ വായിക്കാനുള്ളൊരു താല്പര്യം വരുള്ളൂ ആദ്യമിലേക്ക് ഒരു താല്പര്യം വേണം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ആദ്യം മോനെ ഈ സാധനമൊന്നും മേടിച്ചുകൊണ്ട് എന്താ തരിക എന്നാ ചോദിക്കുക ആദ്യം ഒരു ചോക്ലേറ്റ് വാങ്ങിച്ച ഒരു ചോക്ലേറ്റിനുള്ള കാശ് തരാം പറഞ്ഞാൽ റെഡി നമ്മൾ പോവാൻ അതുപോലെ ഭാഗവതം വായിച്ചാൽ എനിക്ക് എന്താ കിട്ടുക വീട്ടിൽ ഭർത്താവ് നന്നായി പെരുമാറും മക്കളൊക്കെ നന്നായി പഠിക്കും കുടുംബത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും പണമുണ്ടാവും പ്രതാപുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെങ്കിലത് കേട്ടിട്ട് അവർ നന്നാവട്ടെ എന്ന് വിചാരിക്കും നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ടില്ല അവർ നന്നാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നാവാൻ വിചാരിക്കുന്ന കേൾക്കാൻ ആളുകൾ ഒരു ഫലം പറയുമ്പോൾ ആളുകൾക്ക് അതിലേക്കൊരു ഒരു ആകർഷണം വരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുക അത് മാത്രം പോരാ കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ മാത്രം അതിൻ്റെ ഫലം നിൽക്കുന്നില്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഫലം വരുന്നത് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും വാസ്തവത്തിൽ ഫലസ്ഥുതികളൊക്കെ നമുക്ക് താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് മനസ്സിലാവുണ്ടല്ലോ ഇതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ വഴിപാടുകൾ വെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ വഴിപാടുകളൊക്കെ വച്ചിരിക്കുന്നത് ഭഗവാൻ അതൊക്കെ ചെയ്തു പറയാനല്ല ഒക്കെ നമ്മുടെ പൂർവികന്മാർക്ക് നമുക്കറിയാം പലതും അവർ ചെയ്തു തരുന്നത് നമുക്ക് കൊണ്ടുവരാനാണ് അപ്പൊ ശത്രു സംഹാരം മുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെയൊക്കെ ഭഗവാൻ ശരിയാക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഈ ലോകം ഉണ്ടാവില്ല കാരണം ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ശത്രു പറഞ്ഞാൽ അടുത്തടുത്തിട്ടുള്ള ആൾക്കാരൊക്കെയാവും ഇവരൊക്കെ ഭഗവാൻ ഒതുക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ച് നോക്കും നിങ്ങൾ അതുപോലെ എല്ലാവർക്കും പല പല തകിടുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പല പല പൂജകളുണ്ട് നിങ്ങൾക്ക് സർവൈശ്വര്യ പൂജ നമ്മൾ സർവൈശ്വര്യ പൂജ ഈ ലോകത്തിലെല്ലാവരും അങ്ങോട്ട് ചെയ്തോന്നുകയായിരിക്കുക എല്ലാവർക്കും ഐശ്വര്യം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ തമ്പത്തെല്ലാം തുടങ്ങും അതാ കുഴപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു വേണ്ടി മാത്രമാണ് അതിൽ നിന്നും നമ്മൾ ആ ഈശ്വര ചൈതന്യവും നമ്മളിലിരിക്കുന്ന ചൈതന്യവും ഒന്നാണെന്ന ഉപനിഷത്ത് മന്ത്രത്തിന്റെ തത്വമെന്ന മന്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ പതുക്കെ പതുക്കെ പിടിച്ചുയർത്താനാണ് ഇതൊക്കെ എന്ന് പറയാണ് അപ്പോ ഇവിടെ ഈ ഒരു തലത്തിൽ ചോദിക്കുകയാണ് ശ്രീശുഖ ബ്രഹ്മഷേ എല്ലാ പാപത്തിനും ഏക പ്രതിവിധി എന്താണ് ഒട്ടും നരകത്തിൽ പോവാതിരിക്കാൻ എന്താ മാർഗം ആറാമത്തെ അധ്യായത്തിൽ ആറാമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ അതിനുള്ള പ്രതിവിധി പറയുകയാണ് ശ്രീശുഖ പറഞ്ഞു കേതിൽ കേവലയാപത്യാ വാസുദേവപരാണാം അഖം തുനന്തികസ്നീര സ്കരാ കേജൽ കേവലയാ ഭക്തിയാ ഭക്തിയാർക്കാണോ കേവലമായ ഭക്തിയുള്ളത് അവർക്ക് അഖംതുനന്തി പാപങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഏതുപോലെ ഭാസ്കര എപ്പോ ഭാസ്കരൻ സൂര്യൻ ഉദിച്ചുയർന്നോ ആ സമയത്ത് നീഹാരം അതായത് മൂടൽ മഞ്ഞ് ഉരുകിപ്പോവുന്നത് പോലെ സർവപാപൈ പ്രമുച്ചതെ അവരെല്ലാ പാപത്തിൽ നിന്നും മുക്തരായി തീരും എന്താ എന്താ എന്താ പറഞ്ഞത് ആരുടെ മനസ്സിലാണോ കേവലമായ ഭക്തിയുള്ളത് അവരുടെ പാപത്തിരുന്ന് അപ്പൊ നമുക്കൊക്കെ ഭക്തി ഇല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഭക്തിയുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഭക്തിയുണ്ട് ആ ഭക്തി കേവലമായ ഭക്തിയാണോ ഇല്ലേ എന്നുള്ളതാണ് അറിയേണ്ടത് എന്താ ഈ കേവലമായ ഭക്തി എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ പ്രധാനമാണ് കേവലമെന്ന ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണവും ൃഢവവുമായ ഭക്തിർത്ഥം ചഞ്ചലതയില്ലാത്ത ഭക്തി നർത്ഥം നമ്മുടെയൊക്കെ ഭക്തി പലപ്പോഴും ചഞ്ചലതമായി പോവും മറന്നു പോവും നമ്മൾ ചഞ്ചലമായ ഭക്തി എന്ന് പറഞ്ഞാൽ കാര്യസാധ്യ ഭക്തി ആവരുത് പ്രിയാണ് എന്താ മനസ്സിലായില്ലേ ചഞ്ചലമായ ഭക്തി പറഞ്ഞാൽ നാം ഏതൊരു ഭഗവാനിൽ വിശ്വസിക്കുന്നു പിന്നൊരിക്കലും മനസ്സിനെ ഇളകാൻ സമ്മതിക്കരുത് പ്രിയാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരും ആരെങ്കിലും നമ്മളോട് പറയാനോ നോക്കൂ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ പഠിക്കാൻ ഇത്തിരി മോശമാണല്ലേ എന്ന് നല്ലവണ്ണം മോശമാണ് ടി വി ഒക്കെ ഓ നല്ലവണ്ണം ഉണ്ടാകും കുട്ടികൾക്ക് അപ്പൊ ഇത് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഒരു ദേവി ഉപാസനയൊക്കെ ചെയ്യൂ നിങ്ങൾ എന്നാൽ വേഗം ആ ദോഷങ്ങളൊക്കെ തീരെ നിങ്ങളുടെ വീട്ടിലെന്തോ ദോഷങ്ങളുണ്ടാണ് അല്ല അതിനിപ്പം എന്താ ചെയ്യേണ്ടത് ഒന്നും വേണ്ട ദിവസവും നിങ്ങൾ എന്താ വീട്ടിലുമല്ല ചൊല്ലാറുണ്ടോ ഞങ്ങൾ വിഷ്ണു സാസം എന്നാ അതും മാറ്റിവെച്ചിട്ടില്ല ലളിതാ സാസനം നേരെയാവാൻ വേണ്ടിയിട്ടില്ല കുട്ടികൾ നേരെയാവാൻ വേണ്ടി ചൊല്ല പിന്നെ ഓ ലളിതാസ്വാസനാമോ അതിനിടയ്ക്ക് ഭാഗവത സപ്താഹം തുടങ്ങും അടുത്ത വീട്ടിൽ അടുത്തെവിടെങ്കിലും അപ്പൊ അവിടെ ചെന്നാൽ വിഷ്ണുസ്വാസം അപ്പൊ കൺഫ്യൂഷനായി ഇതിപ്പോ കുട്ടികൾ നേരെയാവുകയാണോ വേണ്ടത് ഞാൻ നേരെയാവുകയാണോ വേണ്ടത് എന്ന് ആകെ കൺഫ്യൂഷൻ കുറെ കഴിഞ്ഞാൽ ലളിതയും ഇല്ല വിഷ്ണുവില്ല എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും നോക്കി നടക്കുന്ന എത്ര ആളുകളുണ്ട് ഒരു ദൃഢതയില്ല പറയാൻ അപ്പൊ നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ തോന്നുന്നത് അത് വേറെയാണ് വിഷ്ണു സഹസ്രാമം ചൊല്ലുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ഇനി ഇതൊക്കെ വിട്ടിട്ട് ആളുകൾ പുതിയ സഹസ്രനാമക്കെ ഉണ്ടാക്കും അതാരുടെ എന്താ കിട്ടിയാൽ ആരുടെ തുടങ്ങും അപ്പൊ ഇങ്ങനെ ഒരു ദൃഢത ഇല്ല ഭക്തിക്ക് വേണ്ടത് ദൃഢതയാണ് ഭക്തിക്ക് വേണ്ടത് ചഞ്ചലത ഇല്ലായ്മയാണ് അതുകൊണ്ട് ഭഗവാൻ ഗീത ഗീതയിൽ ഇതിനെ അവ്യപിചാരി ഭക്തി എന്ന് വിളിക്കും ഭഗവാൻ വളരെ ഒരു വല്ലാത്ത വാക്കാണ് ഈ അവ്യഭിചാരിത്വം വ്യഭിചാരിത്വം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ വേറൊരു പുരുഷനെ പ്രാപിക്കുന്നതിനെ വ്യഭിചാരിനയും വിളിക്കും നമ്മൾ ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവനൊരു വ്യഭിചാരിയയാണെന്ന് അങ്ങനെയുള്ള വാക്കുപയോഗിക്കുക അപ്പൊ തൻ്റെ ആളിരിക്കുമ്പോ മറ്റൊന്നിനെ പിടിക്കുന്നതിനെയാണ് വ്യഭിചാരിത്വമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒന്നിനെ ഉറപ്പിച്ചിട്ട് അതിൽ ദൃഢത വയ്ക്കാതെ മറ്റൊന്നിൽ പോയി പിടിക്കുന്നതിനെയാണ് ഭക്തിയിൽ വ്യഭിചാരിത്വം എന്ന് പറയാം അപ്പൊ രൂപങ്ങളെ ഉപാസിക്കുന്നതും വാസ്തവത്തിൽ ആ തത്വത്തെ മാറി ഉപാസിക്കുന്നതൊക്കെ വ്യവിചാരിത്വമാണ് ഒരിക്കൽ നമുക്ക് കാര്യം ക്ലിയറായാൽ ഈശ്വരൻ എന്റെ കൂടെയുള്ളതാണ് ഭഗവത് ചൈതന്യത്തിലാണ് ഞാനിരിക്കുന്നത് പിന്നെ ഒരിക്കലും മനസ്സിൽ മറവി വരരുത് സദാ ഈശ്വരസർവൂതാം ഹൃദേശേ അർജുന തിഷ്ടതി എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ സർവയ ചാഹം ഹൃദയസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ചേതൈശ സർവൈരഹമേവേദ്യ വേദാന്തകൃദ്വേദവിദേവ ചാഹം സർവഹം ഹൃതി സന്നിവിഷ്ട എന്റെ കൂടെയുണ്ട് എന്റെ കൂടെയുണ്ടെന്ന് അങ്ങോട്ടുറപ്പിച്ച് നമുക്ക് പറയാൻ സാധിച്ചു അത് അവ്യപിചാരിത്വമായി തീരും അതല്ല നമ്മൾ മറന്നു പോവാണ് ആ സമയം ഈശ്വരൻ എൻ്റെ കൂടെയൊന്നുമില്ല അവിടെയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ വ്യഭിചാരിത്വമായി ഇനി വിഗ്രഹങ്ങളെ പൂജിക്കുകയാണെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണെങ്കിൽ പോലും നമ്മളൊരു വിഗ്രഹത്തെയും മനസ്സിൽ വച്ച് പലരിലേക്കും മനസ്സ് പോകുന്നു അതിലും വ്യഭിചാരിത്വമായി എന്ന് പറയും നിങ്ങൾ രാമായണെടുത്ത് നോക്കൂ അവിടെ ഏതൊരാൾ ഭഗവാൻ ഉപാസിക്കുമ്പോൾ രാമനല്ലാതെ വേറൊരാളെ പിടിക്കില്ല ഹനുമാൻ സ്വാമി എനിക്ക് രാമൻ മതി ഹനുമാൻ സ്വാമി അവസാനം ആവശ്യപ്പെടുന്ന വരം പോലും അതാണ് അല്ലേ വീണ്ടും നിങ്ങൾ ശബരിയെ നോക്കൂ രാമൻ മതി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ നോക്കൂ അഹല്യെ നോക്കൂ രാമൻ മതി ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും വിഷ്ണു മതി വേറെ ആരും വേണ്ട ആർക്കും ഒരു കൺഫ്യൂഷനില്ല എന്നാൽ നമുക്ക് കൺഫ്യൂഷനാണ് രാമനാണോ കൃഷ്ണനാണോ വേണ്ടത് എന്നുള്ളത് ആകെ കൺഫ്യൂഷനായി അതാണോ വേണ്ട ഇതാണോ വേണ്ട ചില വീടുകളിലൊക്കെ ഉള്ള ഫോട്ടോ എല്ലാം വയ്ക്കും പൂജാമുറിയിൽ എന്നിട്ട് അവർ കർപ്പൂരം കാണിക്കുമ്പോഴും വിളക്ക് കാണിപ്പിക്കുമ്പോഴും ആർക്കെങ്കിലും ഒന്നും വിട്ടാൽ യൂ രാമന് കാണിച്ചില്ലേ വല്ല കുഴപ്പം വരും തന്നെയാണ് അവിടെ കുഴപ്പം വന്നേ പറ്റുള്ളൂ കാരണം ആ തോട്ട് തന്നെ അതാണ് രാമൻ കാണിക്കാത്തതിൽ കുഴപ്പം വരുമെന്ന് പിന്നെ ഇനി കുഴപ്പം വരാണ്ടിരിക്കുക അപ്പൊ അവർക്ക് തന്നെ തോന്നുന്നത് രാമനും അവരൊക്കെ വേറെയാണെന്നുള്ളതാണ് തമാശയല്ല ചിന്തിക്കും നിങ്ങൾ നമ്മളിതിലൊക്കെ ഒരു വളർച്ച വളർന്നിട്ടില്ലെങ്കിൽ എന്നാ വളരുക നമ്മൾ നമുക്ക് തോന്നുന്നു ഇവരൊക്കെ വേറെയാണ് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു അവതാരാഹി അസംഖ്യ ഹരേ സത്വനിജാ യഥാവിദാസിനു സരസശ സഹസ്രശ ഒരേ കടൽ വെള്ളമാണ് അനേകം പുഴകളിലൂടെ പോകുന്നതെങ്കിൽ ഒരേ തത്വം തന്നെയാണ് ഹേ ചൗനകാതിരി ഋഷീശ്വരന്മാരെ പല രൂപങ്ങളായിട്ട് പ്രകടമാവുന്നത് അവിടെ അയ്യപ്പനായാലും ശരി ശ്രീരാമനായാലും ശരി ശ്രീകൃഷ്ണനായാലും ശരി മഹാവിഷ്ണുവായാലും ശരി ഹയഗ്രീവനായാലും ശരി ദക്ഷിണാമൂർത്തിയായാലും ശരി ഒരേ ചൈതന്യത്തിൻ്റെ വ്യത്യസ്ത രൂപഭാവങ്ങളാണ് ഏതുപോലെ ഒരേ ഊർജ്ജമാണ് ഒരേ ഞാനെന്ന ശക്തിയാണ് വ്യത്യസ്ത രൂപങ്ങളുള്ള അഞ്ച് വരലുകളിലൂടെ പ്രവർത്തിക്കുന്നത് അഞ്ച് വരലുകളും അഞ്ച് ആകൃതിയിലാണ് അഞ്ചു വരലിനും അഞ്ച് പ്രത്യേകതകളുണ്ട് അതിന് പ്രയോഗത്തിലും വ്യത്യാസമുണ്ട് പക്ഷേ അഞ്ചു വരലിനും പ്രവർത്തിക്കുന്നത് ഒരേ ഞാനാണെന്ന് മറന്നുപോവാത്ത നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ വിവിധ രൂപങ്ങളിലൂടെ ഒരേ ശക്തിയാണ് പ്രവർത്തിക്കുന്നതെന്ന് നല്ലവണ്ണം നല്ലവണ്ണം ഉറപ്പിക്കണമെന്നറിയണം മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രേമത്തോടുകൂടി ദൃഢമായി എപ്പോഴും മനസ്സിൽ ഭഗവാനെ കൊണ്ടു നടക്കാൻ സാധിച്ചു അകം തുനന്തി കാസ്നീര അവരുടെ അഖം തീർക്കാൻ സാധിക്കുന്നു എന്നിട്ട് പറഞ്ഞു മനക് സകന് മനകൃഷ്ണപദാരവിന്ദയോ നിവേശിതം പാശപതശതൽ സ്വപ്നേ വിപശ്യന്തി ചിന്ന നിഷ്കൃത ആരുടെ ആ ദൃഢമായ ഭക്തി ഉള്ളത് അവർ സ്വപ്നത്തിൽ പോലും യമരാജാവിനെ കാണില്ല എന്നാ പറഞ്ഞത് അത് വളരെ വളരെ ഗംഭീരമാണ് യമരാജാവിനെ നല്ല പ്രേതഭൂതങ്ങളെ ഒന്നും കാണില്ല പിന്നെ അവർക്ക് പ്രേതത്തെ പോലും പേടി ഉണ്ടാവില്ല നമുക്കിപ്പോ ഒരുപക്ഷേ പലർക്കും ഭഗവാനേക്കാളും പേടി പ്രേതത്തിനുണ്ടാവും അതില്ല പറയാൻ പറ്റില്ല നിങ്ങളൊരു വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടൊന്നും ജോൽസരെ എടുത്ത് പോയിട്ട് പറയുക എന്തോ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടോ ജോൽസരെ എന്ന് നോക്കിയിട്ട് പറയാണ് നിങ്ങളുടെ മുത്തശ്ശന്റെ മുത്തശ്ശൻ മുത്തശ്ശനെയും കണ്ടില്ല പിന്നുണ്ടോ മുത്തശ്ശന്റെ മുത്തശ്ശൻ അയാൾ എങ്ങനെയാ മരിച്ചതെന്ന് നിങ്ങൾക്കറിയോന്ന് കേട്ടിട്ടില്ല എന്നാ അദ്ദേഹത്തിന്റെ പ്രേതം അലഞ്ഞു തിരികിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെന്ന് കേമല്ലേ സമാധാനമല്ലേ വീട്ടില് പിന്നെ രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഗുരുവായൂരപ്പ ആ മനുഷ്യൻ അങ്ങോട്ട് കയറി വരുന്നു ഞങ്ങളെ ഉപദ്രവിക്കാൻ എപ്പോഴും ആ പ്രേത നമ്മുടെ മനസ്സിലുണ്ടാവും നോക്കാം അതുകൊണ്ട് പ്രേത ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുവായൂരപ്പിന്റെ വേർപാട് കേട്ടിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഈ പ്രേതം പ്രേതം പ്രേതം എന്ന് എന്നാ പ്രേതം ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പ്രേതം എന്ത് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല ഒരാൾ ചോദിച്ചു പ്രേതം ഉണ്ടോ ഒരാളെ ബന്ധുവാരിയുടെ കഥ പറയുമ്പോൾ ഒരമ്മ വായിച്ചുകൊണ്ടിരുന്ന തിരുമേനിയോട് ചോദിച്ചോ അല്ല തിരുമേനി പ്രേതം ശരിക്കുണ്ടോ എന്ന് ഉണ്ണ തിരുമേനി പറഞ്ഞു ഇല്ലാന്ന് എങ്ങനെ എനിക്ക് നിങ്ങളുടെ മുഖത്വം ഇത്ര ധൈര്യത്തോടുകൂടി പറയാൻ പറ്റുന്ന നിങ്ങൾ നിന്നിലിരിക്കുന്നതിന്റെ ഒരു തെളിവ് നടത്തണം എത്ര സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കണ്ണാടി പോകുന്നുണ്ടോ പ്രത്യക്ഷമായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രേതമില്ല പറയാൻ വയ്ക്കുക കാരണം ഏതൊരു വ്യക്തിയാണോ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പ്രേതം ഉണ്ടോ ഇല്ലേ നോക്കുള്ളത് ഈ കാര്യം നമ്മൾ ഓർത്തുവയ്ക്കുക നമുക്ക് ഇത്തരത്തിലുള്ള ദൗർബല്യ ചിന്തകളിലേക്ക് മനസ്സിനെ പറഞ്ഞയക്കാൻ സമ്മതിക്കരുത് നമ്മൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പേടി ഒരിക്കലൊരു ഒരു വലിയൊരു എഴുത്തുകാരൻ അതേ ഒരു വീട്ടിലേക്ക് കയറി ചെന്നു ആരും താമസമില്ലാത്ത വീട് എവിടെയോ പെട്ടുപോയപ്പോ കയറി ചെന്നാണ് വാതിൽക്കല്ല് മുട്ടിയപ്പോ വാതിൽ താനെ തുറന്നു പ്രത്യേകം ചോദിച്ച ആരാ വാതിൽ തുറന്നതെന്ന് പറഞ്ഞു ഞാൻ പ്രേതാണെന്ന് ഞാൻ ബാത്റൂം എവിടെയാന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞു കാരണം നീ കുറെ കാലം ലതിന്റെ ഉള്ളിൽ താമസാക്കിയിട്ട് നിനക്കറിയാം എവിടെയാ ബാത്റൂം എന്ന് ആ പ്രേതം ചോദിച്ചു നിങ്ങൾ എന്നെക്കാളും വലിയ പ്രേതാണോ എന്ന് നേരെ കുറച്ച് എന്നോട് നിങ്ങളോടാണ് പറഞ്ഞതെങ്കിലോ ഒരു ഇല്ലത്തൊരു തിരുമേനി അദ്ദേഹം ഒരു ഉപനയനത്തിന് പോയി സ്ഥലത്ത് കുറേ ദൂരെ അതിന് ഉപനയനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക ബസ്സിൽ ബസ് എവിടെയോ കേട് വന്നിട്ട് പോരാൻ പറ്റിയില്ല ആളുകൾ പറഞ്ഞ തിരുമേനി ഇതിലൊരു അഞ്ച് കിലോമീറ്റർ നടന്നാൽ എളുപ്പ സ്ഥലമുണ്ട് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരാം അദ്ദേഹം നടക്കാൻ തുടങ്ങി പോകുന്ന വഴി ഒരു ശ്മശാനത്തിന്റെ അരികിലൂടെയാണ് പോകേണ്ടത് അപ്പോഴേക്കൊരു അഞ്ചഞ്ചേ മുക്കാൽ ആറു മണി അടുത്താരായി ആറു മണിക്കായി ഈ വർഗം ഇറങ്ങുന്ന പറഞ്ഞു നിൽക്കുക ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട് ഇങ്ങനെ വല്ല പ്രേതം ഉണ്ടാവുമെന്ന് ആ സമയത്താണ് വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ട് ഇട്ടിട്ടൊരു യുദ്ധം കടന്നു വരുന്നത് ഏതായാലും ഈ ആളോട് ചോദിക്കാൻ വിചാരിച്ചു അടുവിച്ചു അല്ല സുഹൃത്തെ ഇതൊരു ശ്മശാനമാണല്ലോ വെച്ചു അതേ ഇത് ശ്മശാന പറമ്പ് തന്നെയാണ് ഇവിടെ വല്ല പ്രേതങ്ങളൊക്കെ ഉണ്ടാവൂ രാത്രി ആ സമയത്തൊക്കെ നടന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞു തിരുമേനി എനിക്കറിയില്ല ഞാൻ മരിച്ചിട്ട് ആറു മാസമായിട്ടുള്ളൂ എന്ന് കിടക്കണു ആള് ഇയാളാണ് ഞാൻ കടയിലൊക്കെ പോയി സാറാക്കും മേടിച്ചുകൊണ്ട് വന്ന് അവിടെ തന്നെ കിടക്കണു പിടിച്ചു തമാശ പറഞ്ഞതാണ് ഇയാൾ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നു വിചാരിച്ചില്ല നോക്കിയപ്പോ അയ്യോ പ്രേതം പിടിച്ചു അതാണ് കിടക്കുന്നത് രണ്ടാമത് പിന്നെ നാട്ടുകാർ വേണ്ടി വന്ന് കൂട്ടിക്കൊണ്ടുപോയെ അപ്പൊ നമ്മുടെ മനസ്സിൽ പ്രേതത്തിന് വലിയ സ്ഥാനമുണ്ടെങ്കിൽ കിടക്കുന്ന വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയണോ ആരുടെ മനസ്സിലാണോ ഭക്തി ഉറയ്ക്കുന്നത് നിങ്ങൾ മഹാത്മ്യം ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ ഭാഗവത മഹാത്മ്യം വായിക്കുമ്പോൾ അവിടെ ശ്ലോകം കാണാം ന പ്രേതോ ന പിശാജോ രാക്ഷസോ അസുരൂപിവാ മനസ്കാനം ന സ്പർശനേ പ്രബുൽഭവേ ആരുടെ മനസ്സിലാണോ ഭക്തിയുക്തി ഭക്തി നല്ലവണ്ണം ദൃഢമായി തീരുന്നത് അവരെ പ്രേതത്തിനോ പിശാചിനോ രാക്ഷസനോ അസുരനോ തൊടാൻ പോലും ധൈര്യം ഉണ്ടാവില്ല അങ്ങനെ സ്പർശനെ സ്പർശിക്കാൻ പോലും പിന്നിലെ തൊടാൻ പോലും ധൈര്യമുണ്ടാവില്ല എന്നൊരു ശ്ലോകമുണ്ടവിടെ ആ ഭക്തി ദൃഢമാവണം ഇത് പറഞ്ഞപ്പോ പരീക്ഷിത്ത് രാജാവിന് ഇതൊന്നുകൂടി ദൃഢമാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മനോഹരമായൊരു കഥ പറയുകയാണ് അതാണ് അജാമിളോപാഖ്യാനം എന്ന് പറയുന്ന കഥ പണ്ട് കാന്യാകുബ്ജം എന്നൊരു ഗ്രാമം ആ കാന്യാകുബ്ജത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബം അവിടെ ജനിച്ച കുട്ടിയാണ് അജാമിളൻ വളരെ ധാർമ്മികനും സത്യസന്ധനും അതുപോലെ തന്നെ വേദങ്ങൾ പഠിക്കാൻ തൽപ്പരനും പൂജാതി കർമ്മങ്ങളൊക്കെ ചിട്ടയോടുകൂടി പഠിച്ചവനും അങ്ങനെയൊക്കെ വളർന്ന് അവസാനം പത്തിരുപത്തഞ്ച് വയസ്സായപ്പോൾ വേലിയും കഴിച്ച് അതിലൊക്കെ കുട്ടികളുണ്ടായി അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ദിവസം ചമതയോ മറ്റോ കൊണ്ടുവരാനായിട്ട് അച്ഛൻ കാട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിയുന്ന സമയത്ത് ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണ് ഒരുത്തനെങ്ങനെ പ്രാപിക്കുന്നത് ഇയാൾ കണ്ടു അപ്പൊ ഇയാളുടെ ഉള്ളിലെ കാമങ്ങളൊക്കെ ഉണർന്നു വന്നു അവളോട് ചോദിച്ചു ഞാനും നിന്റെ കൂടെ ഒന്ന് ചേർന്നോട്ടെ എന്ന് അപ്പൊ പറഞ്ഞു തൽക്കാലത്തേക്ക് വേണ്ട പെർമനന്റായിട്ട് വേണമെങ്കിൽ കൂടാന്ന് എന്ന് വെച്ചാൽ സ്ഥിരമാവാമെന്ന് പറഞ്ഞു അവളുടെ സൗന്ദര്യത്തിൽ ആകർഷിതനായിട്ട് അവളുടെ കൂടെ കണ്ട് സ്വന്തം ഭാര്യയെ മക്കളെയൊക്കെ മറന്ന് അവളുടെ കൂടെ അപ്പൊ കാട്ടിലെന്ത് പൂജയും കാര്യങ്ങളൊക്കെയാണ് അവളാണെച്ചാൽ അവളുടെ വ്യഭിചാര തൊഴിൽ ചെയ്തു ജീവിക്കണ്ടേ ഇദ്ദേഹത്തെ കൊണ്ട് എല്ലാ ക്രൂര പ്രവൃത്തികളും ചെയ്യാൻ തുടങ്ങി കക്കല് കൊള്ളയടിക്കൽ കൊലപാതകം ചതി വഞ്ചന മൃഗങ്ങളെ വേട്ടയടിക്കൊണ്ടുവരിക ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്ത് ചെയ്ത് ആ രീതിയിലായി ഇദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയുള്ളത് ഇദ്ദേഹം ചെയ്ത ആകെ ഒരു സൽക്കർമ്മം എന്താ ഉണ്ടാവുന്ന കുട്ടികൾക്കൊക്കെ നല്ല നല്ല പേരിട്ടു അതൊരു വലിയ പുണ്യം തന്നെയാണ് കേശവനെന്നും ഗോപാലനെന്നും രാമചന്ദ്രനെന്നും വാസുദേവനെന്നും ഇങ്ങനെയൊക്കെയുള്ള പേരിടാൻ തുടങ്ങി അതിനും ഒരു പുണ്യം വേണേ നേരെ ഇന്നിപ്പോ നമുക്ക് നേരെ വിപരീതമാണ് ആള് എല്ലാ സൗകര്യങ്ങളുമുണ്ട് വീട്ടില് നമ്മളൊന്നും അത്ര ഇയാളെ പോലെ വൃത്തികേട് ജീവിക്കുന്നവരല്ല കുറേയൊക്കെ ധാർമ്മികരായിട്ട് ജീവിക്കുന്നവരാണ് പക്ഷെ അവർ തെറ്റേ ചെയ്യുന്നുള്ളൂ അതെന്താണ് കുട്ടികൾക്കൊന്നും മര്യാദയ്ക്ക് നല്ല പേരിടില്ലയാണ് എന്തെങ്കിലും കൂട്ടങ്ങളുടെ പേരുകളൊക്കെ ഒന്നി പറയണം ഒരു വീട്ടിൽ ഇവിടെ കോഴിക്കോട് ഒരു വീട്ടിൽ പോയപ്പോ ആ കുട്ടിയുടെ പേര് പറയണം അച്ഛന്റെ പേര് മാധവെന്നാണ് അമ്മയുടെ പേര് തുളസി എന്നാണ് കുട്ടിക്ക് പേരിടിക്കുന്ന മിത്തുണ്ണി എന്ന് മിത്തൂന്ന് പേരിട്ട് മിത്തു മിത്തു വിളിക്കും അവൾ പറഞ്ഞ ഭാഗ്യം ചത്തൂന്ന് പേരിടാഞ്ഞതെന്ന് കണക്കിന് പോയവർ ചത്തൂന്ന് പേരിടും അവൾ നമുക്ക് ഉങ്ങിരിക്കൾ പേരിടുക ആ മിത്തു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു അർത്ഥമുള്ളത് മിത്ത് ഇംഗ്ലീഷാണോ അതൊരു അർത്ഥമില്ലാത്ത പേരുകൾ ഇതിൻ്റെ അടുത്തായിരുന്നു വളരെ അപകടം കുട്ടു മുട്ടു ചുട്ടു പുട്ടു തുട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പേരുകളൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പേരിൻ്റെ അധ്യക്ഷനൊക്കെ ഒപ്പിക്കുന്ന കാലം അതൊക്കെ പോയി ഇപ്പം മാറി മാറി ഇപ്പം വരുന്നുണ്ട് ഇപ്പം കല്യാണി എന്നും നല്ല നല്ല പേര് വരുന്നുണ്ട് ഇവിടെ പാലക്കാട് ഒരു ഫാമിലിയുണ്ട് അവർ ആ കുട്ടി കല്യാണം കഴിച്ച് ജാപ്പാൻ കാരണം ലവ് മാരേജാണ് കല്യാണം കഴിഞ്ഞ് കുട്ടി ഒരു അവർക്ക് ടെൻസ് ഉണ്ടായി അപ്പോഴാണ് പ്രശ്നം വന്നത് രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി ജാപ്പാൻകാരൻ പറഞ്ഞോ ഞങ്ങളുടെ പേരിട്ടുണ്ടെന്ന് ഇവൾ പറഞ്ഞോയേ ഞങ്ങളുടെ പേരിട്ടുണ്ടെന്ന് അവസാന ഒരു കോംപ്രമൈസിലെത്തി പകുതി പകുതി പേരാക്കാൻ ഇപ്പൊ പെൺകുട്ടിയാണ് ഒരാൾ അവൾക്ക് പേരിട്ട് കല്യാണി എന്ന് അപ്പം അവൻ പേരിട്ട് കവസാക്കി എന്ന് നല്ല കസ കസ കസ എന്ന് അവനെ കല്യാണി കവസാക്കി അവരുടെ പേരാണത് മറ്റവൻ ആൺകുട്ടിയാണ് അവനെ സുബ്രഹ്മണ്യെന്ന് പേരിട്ട് ഇവൾ അരുടെ തൻ്റെ സംസ്കാരത്തിനനുസരിച്ച് അവൻ പേരിട്ട് സുസുക്കിന്ന് നല്ല സുസു സുസു സുസു കുട്ടിയുടെ പേരാത് അപ്പൊ ഇങ്ങനെ നോക്കൂ അപ്പൊ ആ പേരിന്റെ ഒരു അർത്ഥം നമുക്കറിയാതെ നമ്മൾ പേര് വിളിക്കുമ്പോ അതിലൊരു ഭക്തി വരുത്തിയാ പറയാണ് എന്നാ പണ്ടുള്ളവര് ഉണ്ണീന്നും അതുപോലെ പത്ത് കുട്ടികൾ ആദ്യത്തിൽ ആറെണ്ണം അവിടെ ഉണ്ട് വീട്ടില് പോരാത്തതിന് ഇതിൽ പത്തെണ്ണം അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ പേരിട്ട് അവസാനത്തെ കുട്ടിക്ക് നാരായണമെന്നുള്ള പേരിട്ടു അങ്ങനെ കാലം മുന്നോട്ട് പോയി ഇദ്ദേഹത്തിന് പത്ത് തൊണ്ണൂറ് വയസ്സായി ശരീരമൊക്കെ ശോഷിച്ച് തളർന്ന് അവശാവാൻ തുടങ്ങി ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ കുറേ ദുസ്വപ്നങ്ങൾ കാണുകയാണ് കുറേ നാല് പേര് വന്ന് തന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടുപോകുന്ന ഒരു രംഗം ഇദ്ദേഹം മനസ്സിൽ കണ്ടപ്പോൾ അത്യന്തം ഭയം വന്ന് വിറയ്ക്കാൻ തുടങ്ങി തൊണ്ടയൊക്കെ വരളാൻ തുടങ്ങി ആ ഭയത്തിൻ്റെ ശക്തിയിൽ ഇദ്ദേഹം അറിയാതെ അവസാനത്തെ പുത്രനോടുള്ള അമിതമായ സ്നേഹവാത്സല്യത്തിന്റെ ആ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ അതിനനുസരി അതിനനുസരിച്ച വണ്ണം ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഉച്ചീ ആഹ എന്താ അലറിയത് നാരായണ ഇതി ഉച്ചീ അങ്ങനെ നാരായണ പുത്രാണ് വിളിച്ചില്ല നാരായണാന്നകട്ടെ വിളിച്ചു അത് വിളിച്ചതും വിളി കേട്ടത് സാക്ഷാത് തന്നെ ഭഗവാൻ ഉടനെ തന്നെ പാർശ്വന്മാരെ പറഞ്ഞ വെച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞ വെച്ചുകൊണ്ട് അപ്പം ഭഗവാനെ വിളിക്കാൻ മൊബൈൽ ഫോണൊന്നും വേണ്ട മൊബൈൽ ഫോണിനേക്കുള്ള ഫാസ്റ്റാണ് ഭഗവാൻ്റെ കാര്യം യമരാജാവും ഭഗവാന്റെയും കാര്യം നോക്കുമ്പോൾ രസമാണ് യമരാജാവിൻ്റെ വാഹനം പോത്ത ഭഗവാന്റെ വാഹനം ഗരുഡന പോത്തിനെ ആർക്കും കണ്ടുകൂടാം എന്നാൽ ഗരുഡനെ കാണുന്നത് ഐശ്വര്യമാണ് യമരാ പോത്തിന് മറ്റൊരു പ്രത്യേകത അത് വളരെ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ നല്ല ഗരുഡൻ അതി ഫാസ്റ്റായിട്ട് യാത്ര ചെയ്യുന്നതാണ് നമുക്ക് ഇതുപോലെയല്ലേ മരണത്തിന്റെ കാര്യവും മരണം വളരെ പതുക്കേ വരുള്ളൂ നമ്മുടെ കൂടെ എന്നാൽ ഭാഗ്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും ഈശ്വരാനുഗ്രഹം വളരെ ഫാസ്റ്റായിട്ട് വരുന്ന വരികയാണ് ഇന്ന് മാത്രമല്ല മരണം വന്നാൽ പോവില്ല അതാ വലിയ ബുദ്ധിമുട്ട് പോത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതെളുത്തൊന്നും വിട്ടുപോകില്ല അതെങ്ങനെ വായും പൊളിച്ചു നിൽക്കും ഇതുപോലെ ഈ യമരാജാവ് വന്ന് പോയില്ല അപ്പോഴേക്കും ഇവിടെ ഭഗവാനെങ്ങൾ വിളിച്ചതും പാർഷവന്മാരെത്തിച്ചേർന്നു അവർ തടഞ്ഞു ദേ കെട്ടരുതെന്ന് പറഞ്ഞു ഹാ ഇത് നല്ല തോന്നിവാസം ഇവൻ ഇവന്റെ ജീവിതത്തിലുള്ള തോന്നിവാസമൊക്കെ ചെയ്ത് ജീവിച്ച് ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അല്ല കാര്യം ഇതെന്താ നിങ്ങൾ ധർമ്മത്തെ തെറ്റിക്കണോന്ന് ഉട ചോദിച്ചു നിങ്ങൾ ധർമ്മം മനസ്സിലാക്കിയിട്ടാണോ വരുന്നത് പിന്നെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ധർമ്മജീവിതം ധാർമ്മിക ജീവിതം അധാർമ്മിക ജീവിതം ഇതൊക്കെ തെറ്റിച്ചവനാണല്ലോ ഇയാൾ അതുകൊണ്ട് ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോവാണ് ഉടനെ ചോദിച്ചു നിങ്ങൾക്കറിയാത്തൊരു ധർമ്മമുണ്ട് അതെന്താ ധർമ്മം എന്നാൽ അങ്ങനെ ഒരു ധർമ്മമുണ്ട് അതാണ് ഭാഗവത ധർമ്മം എന്ന് ആ അത് ഞങ്ങൾ കേട്ടിട്ടില്ല അതെന്താ ആ ധർമ്മം എന്ന് എത്ര തെറ്റ് ചെയ്തവനാവട്ടെ എത്ര തോതിവാസം ചെയ്യുന്നവനാവട്ടെ എത്ര കുരുത്തക്കേട് ചെയ്യുന്നവനാവട്ടെ അവൻ പ്രേമത്തോടുകൂടി ദൃഢമായ മനസ്സോടുകൂടിയിട്ട് ഭഗവാനെ ഒന്ന് സ്മരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവൻ സർവഭാവി പ്രമുച്യെ ഇത് കേട്ടപ്പോ യമദൂതന്മാർ അത്ഭുതപ്പെട്ടു ഇങ്ങനെയുണ്ടോ എന്ന് ആരാ വേദം നാരായണൻ തന്നെയാണ് പറഞ്ഞത് ആ നാരായണന്റെയാണ് ഭാഗവതധർമ്മം അത് നിങ്ങളുടെ യമരാജാവിനൊരു പക്ഷേ അറിയുന്നുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് പറഞ്ഞരാമെന്ന അതുകൊണ്ട് ഇയാളെ കെട്ടാൻ നിങ്ങൾ അർഹരല്ല കഴിച്ചു വിടുമെന്ന് ഇവരത് കേട്ടപ്പോൾ കഴിച്ചു വിടുകയും ചെയ്തു അപ്പൊ ഒരു ചോദ്യം ചോദിച്ചു നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് എന്ന് നമുക്ക് വേണ്ടി ചോദിച്ചാ എങ്ങനെയാണ് അറിയുന്നത് അപ്പൊ അവർ പറയാണ് ഞങ്ങൾക്ക് അതിന് സാക്ഷികളുണ്ട് എന്നാണ് ഓഹോ എടപ്പള്ളിയിൽ നടക്കുന്നുണ്ടോ അവർ എല്ലായിടത്തും ഉണ്ടാവാണ് ഏത് വിധത്തിലാണ് അവർ നടക്കുന്നത് ഒന്ന് സൂര്യനാണെന്ന് പറയണം സൂര്യൻ നമ്മൾ ചെയ്യുന്ന കുരുത്തക്കേടൊക്കെ കാണുന്നുണ്ട് അത്ര അതിന് രാത്രി ചെയ്താ പറയുന്നത് രാത്രിയിൽ ചന്ദ്രൻ ഉണ്ട് ചന്ദ്രനില്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ അഗ്നി ഉണ്ടെന്ന് അതിന് സ്വാമി അഗ്നിയൊക്കെ കെടുത്തി ചെയ്താൽ ഒരു തോന്നിവാസം അപ്പം പറയാണ് ഉടനെ വായു ഉണ്ടെന്ന് അതിരി കടന്നു കഴിയാണ് അത് ആകാശമുണ്ട് പ്രിയാണ് എന്തായാലും നമ്മൾ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യാൻ വ്യവസ്ഥകൾ പ്രകൃതിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല പ്രിയാണ് ഇത് കേട്ടപ്പോ ഉടനെ തന്നെ പറയാണ് അതൊക്കെ ശരി ആരൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കിയാലും ശരി ഭഗവാനെ പ്രേമത്തോടുകൂടി സ്മരിച്ചു കഴിഞ്ഞാൽ അത് സർവപാപത്തിൽ നിന്നും മുക്തരാണെന്ന് പറഞ്ഞ് തൽക്കാലം അവർ അജാമിളനെ വിട്ടുവെന്നാണ് അജാമിളൻ മുക്തരായ മുക്തനായപ്പോ ഇവര് അവിടെ നിന്ന് പോവുകയും ചെയ്തു ആ അജാമിളൻ ചാടി എണീക്കുന്നു തനിക്ക് കുറ്റബോധം വന്നു ഉടനെ തന്നെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു ഞാൻ വലിയൊരു തെറ്റായ രീതിയിൽ ജീവിതമൊക്കെ നയിച്ചു സ്വന്തം ഭാര്യയെ മറന്നു അച്ഛനെ അമ്മയെ നോക്കിയില്ല അതുകൊണ്ട് ദേവി തന്നെ പോവാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അതായത് ഹരിദ്വാറിലേക്ക് ചെന്നു എന്നും വർഷം കഠിനമായ തപസ്സ് ചെയ്ത് മനസ്സിനെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ഉയർത്തി ഭഗവത് സ്മരണയിൽ മാത്രം ഉറപ്പിച്ചു അങ്ങനെ അവസാനം ഈ ശരീരം ഗംഗയിൽ ഉപേക്ഷിച്ച് ഭഗവത് പ്രാപ്തി നേടിയെന്നും ഭാഗവതത്തിൽ ഇവിടെ പറയുകയാണ് പറയുന്നു ഗംഗാ ഹിത്വാ കളേതരം ഗംഗായം ദർശനാഥനോ സദ്യസ്വരൂപം ജഗ്രഹേ ഭഗവൽ പാർശ്വവർത്തിനാം അങ്ങനെ ഗംഗയിൽ ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹം ജീവൻ മുക്തനായി തീർന്നുവാണ് കഥ ഈ കഥയിലേക്ക് കടക്കുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം നമ്മൾ ഓരോരുത്തരും ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നത് പറയണോ മനസ്സാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നത് മനസ്സിനോടുകൂടിയ ജീവനെയാണ് പ്രാണൻ എന്ന് പറയുക അതാണ് പ്രാണൻ പോയി എന്നോ ജീവൻ പോയി എന്നൊക്കെ പറയാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ശരീരബോധത്തിലാണ് ഭോഗജീവിതത്തിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ശരീരം ഉപേക്ഷിക്കാൻ മനസ്സിന് വലിയ താല്പര്യം ആ മനസ്സും ശരീരവുമായിട്ടുള്ള ബന്ധം വളരെ വളരെ വളരെ ദൃഢമായി കഴിഞ്ഞാൽ മനസ്സിന് വിട്ടു നിൽക്കാൻ പറ്റില്ല ഏതുപോലെ ഇരിക്കും ഒരു പഴം ഒരു ഫലം അത് നല്ല മൂത്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ വിത്തും അതിൻ്റെ മാംസവും തമ്മിൽ മാംസലമായ ഭാഗവും തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധം ദൃഢമായ ബന്ധമായിരിക്കും ആണല്ലോ പഴുക്കും തോറും അതിൻ്റെ മാംസളമായ ഭാഗവും അതിൻ്റെ വിത്തും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരും അതിപ്പോൾ ചക്കയിലും അണ്ടിപ്പരിപ്പായാലും അണ്ടിയയിലും അതുപോലെ മാങ്ങയിലും എന്തായാലും നിങ്ങൾ നോക്കൂ പഴം പഴുക്കും തോറും തോലും അതിൻ്റെ ഫലവും തമ്മിലുള്ള ബന്ധം കുറഞ്ഞുകൊണ്ടിരിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം മനസ്സിനെ നമ്മൾ ഈശ്വരോന്മുഖമാക്കി ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ ശരീരമായ ബന്ധം അത് ദൃഢമായിരിക്കും ആരുടെ മനസ്സാണോ ശരീരബന്ധത്തിൽ ദൃഢമായി ശരീരം ഉപേക്ഷിക്കുന്നത് അങ്ങനെയുള്ള ജീവനെയാണ് പ്രേതാത്മാക്കൾ എന്ന് പറയുക എന്ന് വെച്ചാൽ ആ ശരീരം മനസ്സ് വിട്ടുപോയാലും അതിന് ആ ശരീരത്തെ വിട്ടുപോവാൻ തോന്നില്ല അത് ആ ശരീരത്തിൻ്റെ അടുത്തിരുന്നിങ്ങനെ നിൽക്കും അത്രേ സൂക്ഷ്മ തോന്നില്ല വിടാൻ ആ ശരീരം വിടുന്നത് തന്നെ അത് യാതനയായിരിക്കുന്നതാണ് കാലിൽ നിന്നും ഇങ്ങനെ ജീവൻ പതുക്കെ കതുക്കെ കയറി കയറി കയറി ഉദരത്തിലെത്തി ഉദരത്തിൽ നിന്നും അത് നെഞ്ചിലെത്തി നെഞ്ചിൽ നിന്നും അത് തൊണ്ടയിലെത്തുമ്പോ ആ ജീവൻ കിടന്ന് മരണവെപ്രാളെടുക്കും അരതിനെ ശരീരം വിടാൻ തോന്നില്ല പക്ഷെ കാലം ശരീരം വിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഒരു കാലത്തിന്റെ പ്രേരണ ഒരു വശത്ത് അതിനെ ഇഷ്ടമില്ലായ്മ ആ സമയത്ത് ചിലര് മരണവെപ്രാളങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ് അങ്ങനെ ആ മരണവെപ്രാളത്തിന് ഒരു ജീവൻ ഒന്നുകിൽ മലദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ മൂത്രദ്വാരത്തിലൂടെയോ ഇങ്ങനെയൊക്കെ പോവത്രേ ഇങ്ങനെ താഴ്ന്ന ഗതിയിലൂടെ പോകുന്ന ജീവനെയാണ് പ്രേതങ്ങൾ എന്ന് വിളിക്കുക അവർക്ക് പ്രേതമായി തീരന്നുവെച്ചാൽ അവർക്ക് ശരീരബോധം വളരെ കൂടുതലാണ് എന്ന് പറയാനും അതുകൊണ്ടാണ് ഭാരതീയർ ഒരു ജീ ഒരാൾ ശരീരം വിട്ടുപോയാൽ അവിടെ വെച്ച് കരയരുത് എന്ന് പറയുന്നത് കരയരുത് എന്ന് പറയാൻ കാരണം കരഞ്ഞു കഴിഞ്ഞാൽ ആ ജീവൻ അപ്പോഴും വിട്ടുപോകാൻ തോന്നില്ല അത്രേ അതവിടെ തന്നെ അലഞ്ഞു ഭാരതീയ സംസ്കാരം നോക്കും നിങ്ങൾ എന്നിട്ട് വേഗം സംസ്കരിച്ചു കഴിഞ്ഞാൽ ആ പ്രേതത്തെ പിതൃലോകങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ചടങ്ങുകൾ ചെയ്യുകയും അവിടെ വെച്ചിട്ട് ഈ എന്താണ് ഉടനെ തന്നെ ബലികർമാദികളൊക്കെ വലികർമാദികളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞേക്കുകയാണല്ലോ നമ്മൾ ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് പ്രേതമായി തീർന്നു എന്നുള്ള വിശ്വാസമാണ് പിന്നെ പ്രേതാത്മാവായിട്ടാണ് കാണുന്നത് എന്നാൽ ഏതൊരു വ്യക്തിയാണോ ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നത് അങ്ങോട്ട് കൂടുതൽ കൂടുതൽ അടുക്കുന്നത് അവർക്ക് മരണത്തിന് മുമ്പ് തന്നെ അറിയാൻ സാധിക്കും ഈ ശരീരം വീഴാൻ പോകുന്നു എന്നുള്ളത് അവർക്ക് ഈ ശരീരത്തെ വിട്ടുപോകാൻ അധികം പ്രയാസം ഉണ്ടാവില്ല ശരീരവുമായി മൽപ്പിടുത്തം ചെയ്യേണ്ടി വരില്ല അവർക്ക് എളുപ്പം ശരീരത്തെ വിട്ടുപോകാൻ സാധിക്കും അങ്ങനെയുള്ള ജീവൻ കണ്ണിലൂടെയോ മൂക്കിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഉയർന്ന ഭാഗങ്ങളിലൂടെയൊക്കെ ഒരുപക്ഷേ മൂർധാവിലൂടെയൊക്കെ ശരീരം വിട്ടുപോയാൽ അത് ഉയർന്ന ലോകങ്ങളിലേക്ക് പോയി അവരൊന്നും പ്രേതങ്ങളല്ല എന്ന് പറയാനാണ് പ്രേതമായിട്ട് പിന്നെ നമ്മൾ ഗണിക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ നന്മയുടെ ലോകങ്ങളിലേക്ക് പോയി ഇതാണ് ഊർദ്ംഗച്ചന്തി എന്നൊക്കെ പറയുന്നത് അപ്പോ നമ്മുടെ ശരീരവും മനസ്സുമായിട്ടുള്ള ബന്ധം നമ്മൾ പ്രായം കൂടും തോറും കുറച്ച് കുറച്ച് കുറച്ച് സ്മരണയിൽ കൂടുതൽ കൂടുതൽ കൊണ്ടുവന്നു ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല മനസ്സിന് മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ ഡ്രസ്സ് ഉടുപ്പിച്ചു പ്രത്യേകിച്ച് ബനിയൻ ഇടിയിപ്പിച്ചു വിചാരിക്കുക ആ കുട്ടിക്ക് സ്വയം ബനിയൻ ഊരാൻ പറ്റില്ല നമ്മൾ തന്നെ കുട്ടിയുടെ ശരീരത്തിൽ ബനിയൻ പിടിച്ചു ആ കുട്ടിക്ക് ഒരു അസഹ്യത ഉണ്ടാവും നിങ്ങൾ ആകെ ഒരു അസഹ്യത നമ്മൾ പിടിച്ചു വലിക്കണം കയ്യൊ കൊയ്യോ ആ പൊയ്യ എന്നൊക്കെ പറഞ്ഞു എന്നാലും പിടിച്ചു ബനിയൻ ഇടുമ്പോഴോ ഷർട്ട് ഇടുമ്പോഴോ ഡ്രസ്സ് ഇടുമ്പോഴോ പ്രയാസമില്ല ഒരാസമില്ല അത് അഴിച്ചിടാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ച് ഡ്രസ് ഒരു വിഷമമില്ലേ നമുക്ക് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് നാം അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിനെ പതുക്കെ പതുക്കെ ശരീരബോധത്തിൽ നിന്നും ഈശ്വരബോധത്തിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശരീരം വിടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല അവരൊരിക്കലും പ്രേതങ്ങളായി തീരില്ലാണ് അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിശ്ചയിക്കാം നമ്മൾ ഏതായി തീരണം പ്രേതമായിട്ട് തീരണോ അതോ നല്ലവരായിട്ട് വിട്ടുപോകണോ എന്നുള്ളത് വേറെ ഒന്നും അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ആക്സിഡന്റിലൂടെ മരിക്കുന്നവര് ആത്മഹത്യ ചെയ്ത് മരിക്കുന്നവര് അവരെയൊന്നും നമ്മുടെ ആചാര്യന്മാര് കാണാം ശ്ലോക ഒരു ശ്ലോകമുണ്ട് അവരെയൊക്കെ പ്രേതാത്മാക്കളായിട്ടേ കരുതുള്ളൂ പറയാണ് മിന്നൽ മരിക്കുന്നവര് കാരണം അവരുടെ മനസ്സ് ശരീരത്തെ വിട്ടുപോകാനുള്ള അഭ്യാസം അഭ്യസിച്ചിട്ടില്ല അതിനു തന്നെ അവര് ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വരിക അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുക എന്ന് പറയാണ് അത് പ്രേതഭാവങ്ങളിലേക്ക് പോവും അങ്ങനെ പ്രേതഭാവങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര കാലം എടുക്കും ഇനിയൊരു ശരീരത്തെ എടുക്കാൻ എന്ന് പറയാൻ സാധ്യല്ല കുറെ കാലം അങ്ങനെ അലഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന പറയാണ് ദുന്ദുകാരിയുടെ കഥ നമുക്ക് അതിനുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത് ഇതൊന്നും നിഷേധിക്കാൻ സാധ്യല്ല ഇതൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മൾ കാണാത്തതിനെ ഇല്ല നമുക്ക് എങ്ങനെ നിഷേധിക്കാം അങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ബ്രെയിൻ ഉണ്ടോ എന്ന് എങ്ങനെ നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ നമ്മൾ പലതും കണ്ടിട്ടില്ല കാണാത്തതൊക്കെ ശ്വസിക്കുന്ന വായുവിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ ഇല്ല കാണാത്തതുകൊണ്ടില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല എല്ലാം അതിസൂക്ഷ്മമായിട്ട് അതിൻ്റെതായ തലങ്ങളിൽ ഉണ്ട് എന്ന് പ്രിയന അതുകൊണ്ട് ഇവിടെ തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് പന്ത്രണ്ട് കൊല്ലം കഠിന തപസ് ചെയ്തിട്ട് അദ്ദേഹം മനസ്സിനെ ഈശ്വരോന്മുഖമാക്കി പിന്നീട് ശരീരം ഉപേക്ഷിച്ചു പ്രിയന ഇപ്പൊ നമ്മുടെ പൂർവികന്മാർക്ക് ഇങ്ങനെയൊരു അഭ്യാസം പറ്റിയിരുന്നു ശരീരത്തെ സ്വച്ഛന്തമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കുക നമ്മുടെയൊക്കെ മുത്തശ്ശിമാർക്കൊക്കെ ഇത് സാധിച്ചിരുന്നു മരിക്കുന്നതിനൊക്കെ മുമ്പ് മുത്തശ്ശന്മാരൊക്കെ നാമം ചൊല്ലിക്കൊണ്ട് മരിച്ചിരുന്നു പ്രിയാണ് അങ്ങനെ അച്ഛനും അമ്മയൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടിടരുതെന്നാണ് പിന്നെയോ അവരെ വീട്ടിൽ കിടത്തിയിട്ട് അവരുടെ നെഞ്ച് തടവിക്കൊണ്ട് അവരുടെ ചെവിയിൽ നാമം ചൊല്ലിക്കൊണ്ട് വേണം അവരെ മരിപ്പിക്കാൻ അങ്ങനെയാണെങ്കിൽ അവർക്ക് സദ്ഗതി കൈവരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ രാമായണത്തിലെ ഈ ഭാഗം വരും അച്ഛൻ മരിച്ചപ്പോ ഭരതനിരുന്ന് കരയുമ്പോൾ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കും ഉണ്ണീ കരയരുത് മരിച്ചൊരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആ ജീവന് സൽഗതി കിട്ടില്ല എന്നാണ് ആ ജീവൻ വേണ്ട സ്ഥലങ്ങളിലേക്ക് പോവില്ല അതുകൊണ്ടൊരിക്കലും കരയു തീരുന്ന നാമഞ്ചൊലു അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് രാമായണം വായിച്ചാൽ ഈ ഭാഗം മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ഹിന്ദു സംസ്കാരത്തിൽ ചെയ്യേണ്ടത് പക്ഷെ എന്തോ അറിയില്ല നമുക്കൊക്കെ ആ സെന്റിമെന്റ് കാരണം അല്ലയോ ഹെല്ലോ പറഞ്ഞ നമ്മൾ നെഞ്ചത്തടിക്കണോ കരയണോ ബഹളം വെക്കണോ എന്നിട്ട് നമ്മൾ അറിയുന്നില്ല അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കരയേണ്ട പറയുന്നില്ല കരഞ്ഞോളൂ പക്ഷെ ഗുരുവായപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞ രണ്ടു കാര്യം ഇവർക്ക് പോകേണ്ടടുത്ത് പോവുകയും ചെയ്യാൻ നമുക്ക് കരച്ചിലുമായി മനസ്സിലായി ടൂൻ വണ്ണയിൽ പറയുകയാണ് നാരായണ അത് വിളിച്ചു പറഞ്ഞോളൂ പരിവാാരെ വിളിച്ചു കരഞ്ഞോളൂ അയ്യോ ഇനി ഇപ്പൊ എനിക്ക് ആരുമില്ലല്ലോ ഞാനിനി എന്തിനാ ജീവിക്കുന്നത് അപ്പോൾ മരിച്ചോളൂ അവിടെ ചെയ്യൂല എന്നാ ഇങ്ങനെയൊക്കെ കരയുന്ന ആളുണ്ടല്ലോ അങ്ങനെ മരിച്ചു പോകുന്ന ആളെ കാണുമ്പോ അങ്ങനെ എന്താ വിളിച്ചു പറയുന്നത് അയ്യോ കുട്ടികളെ കുട്ടികളുടെ അച്ഛൻ പോയാലോ ഇനിയിപ്പൊ നമുക്ക് ആരാ ഉള്ളത് നമ്മളെന്തിനാ ജീവിക്കുന്നത് ശരീരം എടുത്തുകൊണ്ടുപോകുമ്പോൾ പറയും കുട്ട അച്ഛന്റെ അരയിലെന്തോണ്ട് അച്ഛന്റെ കയ്യിൽ മൗതിരണ്ട് അതൊക്കെ അഴിച്ചു നമുക്ക് ആരുമില്ലല്ലോ ഇതാണ് നമ്മുടെ ബുദ്ധി പറയുന്ന നല്ല സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ അരയിലും കയ്യിലുള്ള സാധനം വിട്ടുപോകാൻ പ്രയാസമുള്ള നമ്മളാണ് ആ സ്നേഹത്തോടുകൂടി നെഞ്ചത്തടിച്ച് കരയുന്നത് എവിടെ കണക്കുള്ളൂ നമ്മുടെ സ്നേഹം അരയിൽ ആരെങ്കിലും അറിഞ്ഞാളുടെ വല്ല എന്താണ് താക്കോലൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിടുമായാലേ ഒരു വഴിക്ക് വിടില്ല അഴിച്ചു വെച്ചിട്ട് തന്നെ വിടുള്ളൂ ഇങ്ങനെ വരെ പോയിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ നമ്മുടെ വെറും മനസ്സിന്റെ കുറെ ഈ കഥ ഇവിടെ ഉപസമ്മരിപ്പിക്കുമ്പോ ഈ കഥയുടെ മറ്റൊരു ഭാഗം നമുക്ക് കാണിച്ചു തരികയാണ് യമദൂതന്മാര് യമലോകത്തിലെത്തിയപ്പോ യമരാജാവ് ചോദിച്ചു ഇതെന്താ ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളൊക്കെ മര്യാദയ്ക്ക് അനുസരണശീലനുള്ള ജോലിക്കാരായിരുന്നല്ലോ കേരളത്തിലെങ്ങാനും പോയോ സ്ട്രൈക്കൊക്കെ തുടങ്ങിയിരിക്കണോ നിങ്ങൾക്കും തുടങ്ങിയ കൊടി പിടിക്കലും കാര്യങ്ങളൊക്കെ ഒരുത്തനെ തൂക്കിക്കൊണ്ടുവരാൻ പോയതല്ലേ ഇന്നിപ്പോ എന്താ കൈയും വീശൊക്കെ വരുന്നത് അവർ പറഞ്ഞു അല്ല യമരാജാവ് ഞങ്ങൾ സ്ട്രൈക്കൊന്നും ചെയ്യില്ല ഞങ്ങൾക്ക് ചോറ് തരുന്നവരോട് നന്ദി കാണിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളവിടെ പോയി അരാമണനെ കൂട്ടിക്കൊണ്ടുവരാൻ കയറിട്ടു വലിക്കുന്ന സമയത്ത് അതാ വരുന്നു വിഷ്ണുദൂതന്മാര് ഇയാൾ ഒരാർച്ചാൽ അറി നാരായണാ പറഞ്ഞിട്ട് അതായി എത്തി അവർ അവർ പറഞ്ഞു ഭാഗവത മൂന്നാമത്തെ അധ്യായത്തിൽ പറയുകയാണ് വളരെ മനോഹരമായ രണ്ട് ഒരു രണ്ട് ശ്ലോകമുണ്ട് ഇരുപതും ഇരുപത്തൊന്നും ശ്ലോകങ്ങളിൽ പറയാണ് ആ ഭാഗവതധർമ്മം അറിയുന്നവര് വളരെ കുറവാണ് ആരൊക്കെയാണത് സ്വയംഭൂനാരദശംഭൂ കുമാരക്കപിലോ മനോ പ്രഹ്ലാദോ ജനവോ വിസഹീവയം ദ്വാദശേദേ വിജാനീലോ ധർമ്മം ഭാഗവതം പടാം ഗുഹ്യം വിശുദ്ധം ദുർബോധം യജ്ഞാത്വാമൃതമസ്തുതേ പറയുന്നു ആർക്കൊക്കെയാണതറിയ സ്വയംഭൂ ബ്രഹ്മാവിനറിയാം നാരദ നാരദ മഹർഷിക്കറിയാം കുമാരോ കുമാരന്മാർക്കറിയാം സനൽകുമാരാ തിരുഷീശ്വരന്മാർക്കറിയാം പിന്നെയോ കപിലോ കപില മഹർഷിക്കറിയാം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടോ പ്രഹ്ലാദോ അസുര അസുരക്കുട്ടിയായ പ്രഹ്ലാദൻ ഗർഭപാത്രത്തിൽ വെച്ചത് മനസ്സിലാക്കിയിട്ടുണ്ട് ജനകോ ജനകരാജാവ് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഭീഷ്മോ ഭീഷ്മൻ മനസ്സിലാക്കിയിട്ടുണ്ട് ശരസയിൽ കടന്ന ഭീഷ്മൻ ഭാഗവതം മനസ്സിലാക്കിയ ആളാണ് അത് കഴിഞ്ഞിട്ട് ബലി അസുരചക്രവർത്തിയായ മഹാബലി ഭാഗവതം മനസ്സിലാക്കിയൊരു മഹാത്മാവാണ് നോക്കണേ യമരാജാവാണ് പറയുന്നത് ി ഒരു വലിയ ഭാഗവതോത്തമനാണെന്നുള്ള വലിയ ഭക്തനാണ് അത് കഴിഞ്ഞിട്ട് വയ്യാസകി വ്യാസപുത്രനായ ശ്രീശുഖൻ അത് മനസ്സിലാക്കിയവനാണ് അത് കഴിഞ്ഞിട്ട് വയം ഞാനും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ദ്വാദശേ ദ്വാദശം രണ്ട് പന്ത്രണ്ട് പേരായ ഞങ്ങളാണ് ഭാഗവതം മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയാൽ അമൃതമുത അവർക്ക് പിന്നെ മരണമില്ല എന്നത് സത്യം തന്നെയാണ് പറയാണ് അപ്പോ ഈ ഭാഗവത ധർമ്മം നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് പിന്നെ മരണഭയമുള്ളത് അതിൽ മുക്തരായിത്തീരുമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു ശരിയാണ് എങ്കിലും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് കയ്യും കെട്ടി ഇവിടുന്ന് ചാപ്പാട് കഴിച്ചിരിക്കുക ഒരു പണി ഞാൻ വേഗം വിട്ടുള്ളൂ എന്ന് എങ്ങട്ടാ യമരാജാവേ പോകേണ്ടത് എടപ്പള്ളിക്ക് തന്നെ പോയിക്കോളുന്നു ഇപ്പോഴല്ല പിന്നെ ആരൊക്കെയാണ് അവിടുന്ന് കൊണ്ടുവരേണ്ടത് പറയുന്നുരയവത്മനി ബദ്ധവിഷ്ണൻ ഗൃഹത്തിൽ ആസക്തരായി ടിവിയും കണ്ട് സീരിയലും കണ്ട് ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ അവര് അതിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോ പിടിച്ചു കൊണ്ടുപോ അപ്പൊ ഈ ഇന്ദുമുഖിയും ചന്ദ്രമുഖിയും ഒക്കെ കാണുമ്പോൾ ആരോപിക്കുക ഇവർ പുറകിൽ എങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അവരെയൊക്കെ പിടിച്ചു തൂക്കിക്കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത് അവരുടെ മനസ്സ് എവിടെയില്ലെങ്കിൽ മുകുന്ദ പാതാരവിന്ദ വിമുഖം ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വിമുഖമായിട്ട് അവരാ സമയത്തുനിന്നും ഭഗവാനെ സ്മരിക്കാതെ ഈ എന്താ എന്ത് ആഞ്ജലിയാണ് എന്തൊക്കെ അഞ്ജലികളുണ്ടെന്നാണ് പറയുന്നത് കാവ്യാഞ്ജലിയോ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പ ആരെങ്കിലും പാർട്ടി ഉണ്ടാക്കിക്കോട്ടെ ആരെങ്കിലും നേതാവായിക്കോട്ടെ ഇരുന്ന് നാമം ചൊല്ലിയിട്ടില്ല എങ്കിൽ അതിലൊക്കെ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ പുറകിൽ പട്ടിയെ തൂക്കുന്ന ഒരു കയറ് വലിയും മനസ്സിലാക്ക അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് സൂക്ഷ്മരൂപത്തിൽ യമരാജാവിന്റെ ദൂതന്മാര് നോക്കും എത്ര സീരിയൽ കണ്ടിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് കാണുന്നത് സന്ധ്യക്ക് കാണുന്നുണ്ടോ ഇരുന്ന് നാമം ചൊല്ലുന്നുണ്ടോ ഭാഗവതധർമ്മക്കുണ്ടോ കയ്യിൽ നോക്കും അങ്ങനെയൊക്കെ ഉള്ളവരെ അല്ല സ്വാമി സീരിയൽ കാണുന്നവരൊക്കെ കൊണ്ടുവന്നാണോ പറയുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ കേരളം മുഴുവൻ അവിടെയാവല്ലോ എന്ന് അതാ പറഞ്ഞ സ്വർഗത്തിലിപ്പോ ആള് വരവാണത്രേ അതുകൊണ്ട് അവിടേക്ക് കുറച്ച് ആളുകളിങ്ങനെ പോകണം എന്നാണ് അവിടേക്കൊക്കെ പോവാൻ തയ്യാറാവണമെങ്കിൽ നമ്മൾ ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടുപോണം പിന്നെ പറയുന്നു നല്ലൊരു നാവീശ്വരൻ തന്നിട്ട് നല്ലൊരു ബുദ്ധീശ്വരൻ തന്നിട്ട് അതൊന്നും പ്രയോജനപ്പെടുത്താതെ കൃഷ്ണായനോ നമദിയോതവിഷ്ണുതുത്യൻ ഏ മഹാ ദുരന്മാരെ ആരാണോ നല്ലൊരു മനസ്സുണ്ടായിട്ടും ഭഗവാനെ സ്മരിക്കാത്തത് നല്ലൊരു നാവുണ്ടായിട്ട് ഭഗവാനെ തുതിക്കാത്തത് നല്ലൊരു ശരീരമുണ്ടായിട്ട് ഭഗവത് സേവ ചെയ്യാത്തത് നല്ലൊരു തലയുണ്ടായിട്ട് ഭഗവാന്റെ പാതാരവിധത്തിൽ നമിക്കാത്തത് അങ്ങനെയുള്ള വിവേകമൊന്നും ഇല്ലാത്ത ആളുകളെ ആനയത്വം കൂട്ടിക്കൊണ്ടുവന്നാലും എന്ന് പറയുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ളവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യമഹയുടെ മോളിങ്ങനെ നടക്കുന്നത് യമദൂരന്മാര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരായി തീരരുത് നമ്മളോട് പറയാണ് എപ്രകാരം അജാമലോപാഖ്യാനം എന്ന ഉപാഖ്യാനം പറഞ്ഞിവിടെ ഉപസമരിപ്പിക്കുന്നു അപ്പൊ ആരാണ് അജാമിളൻ എന്ന് പറഞ്ഞാൽ അജം എന്ന് പറഞ്ഞാൽ ജനനമരണമില്ലാത്ത ഒരു മനസ്സിന്റെ തത്വത്തെ മനസ്സിലാക്കിയവൻ ആരോ അവൻ അജാമിളൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജനനമരണമില്ലാത്ത മനസ്സിനെ ഈശ്വരനുമായി മീളനം ചെയ്യിച്ചവൻ ചേർത്ത് വെച്ചവൻ ആരോ അവൻ അജാമിളൻ ഇപ്രകാരം ഞാനും നിങ്ങളൊക്കെ ഭഗവത് സ്മരണയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അതോഗതി ഉണ്ടാവില്ല ദുർഗതി ഉണ്ടാവില്ല സൽഗതി മാത്രമേ ഉണ്ടാവുള്ളൂ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോഴും അതൊക്കെ ഗുരുവായൂരപ്പന്റെ പരീക്ഷണങ്ങളായിട്ട് കണ്ടുകൊണ്ട് ഭഗവാൻ നമ്മളെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെയൊക്കെ നമുക്ക് സധൈര്യം കടന്നു പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സൽഗതി മാത്രമേ വരുള്ളൂ ഭഗവാൻ പറഞ്ഞതുപോലെ നഹി കല്യാണകൃത് ദുർഗതിയും ഗച്ചതിയും ഒരിക്കലും ദുർഗതി നമുക്ക് വരില്ല ആ ഒരു ധൈര്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം അങ്ങനെ നമുക്ക് ജീവിതം മരണം വരെ സന്തോഷമാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഭാഗം ഉപസംവരിപ്പിക്കുന്നു ഇനി വൃത്രാസുര ചരിതം അത് കഴിഞ്ഞ് ചിത്രകേതു വാഖ്യാനം അത് കഴിഞ്ഞ് ഏഴാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദരിതവും ഭഗവാന്റെ നരസിംഹാവതാരമൊക്കെ കാണും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം